ആ ഭാഗത്തെ വ്യാഖ്യാനിക്കുകയാണ് തത്രം ജ്ഞാനം അനന്ത ബ്രഹ്മേത്യു മന്ത്രാഥം സത്യം ജ്ഞാനം അനന്ത അതി ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ സത്യം ജ്ഞാനം അനന്തം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറയുന്നു ആ ബ്രഹ്മം അത് തന്നെയാണ് ആത്മാവ് അടുത്തു പറയുന്നത് അതിൽ നിന്നാണ് ആകാശം തുടങ്ങിയ സൃഷ്ടിയുണ്ടായത് ബ്രഹ്മം ബൃഹത്തായത് വലതായത് എല്ലാത്തിനും വലുതായത് അതിൽ നിന്ന് സൃഷ്ടിയുണ്ടായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷെ ആ ബ്രഹ്മം തന്നെയാണ് ആത്മാവ് ആത്മാവിൽ നിന്ന് സൃഷ്ടിയുണ്ടായി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആത്മാവിനെ ഓരോ ജീവന്റെയും സ്വരൂപമായിട്ടാണ് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് സ്വയം പരിച്ഛിന്നമായി അനുഭവപ്പെടുന്ന വിടെ പറയും കാലദേശ വസ്തു മൂന്നുതരത്തിലുള്ള പരിച്ഛേദം പരിമിതി അതുണ്ട് ഓരോ ജീവനും അല്ലെങ്കിൽ ഓരോ പുരുഷനും ഒരു കാലത്തില്ലായിരുന്നു പിന്നെ ഉണ്ടായി പിന്നെ നശിച്ചു അപ്പൊ കാലം കൊണ്ട് ഒരു ദേശത്ത് ഉണ്ടായിരുന്നു പക്ഷെ മറ്റുദേശത്ത് ആ സമയത്ത് ഇല്ലായിരുന്നു ദേശം കൊണ്ട് പരിച്ഛേദം വസ്തുപരിച്ഛേദം ഒരു പുരുഷന് ഒന്നായിരിക്കുമ്പോ മറ്റൊന്നായിരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള പരിച്ഛേദ പരിമിതി ഉള്ളതൊന്നാണ് ആത്മാവ് അങ്ങനെയാണ് ആത്മാവ് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ആത്മാവിൽ നിന്ന് സൃഷ്ടി അതങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് സാധാരണ അദ്വൈതത്തിൽ പറയും ഈ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു അത് സൃഷ്ടിയെ കാണുന്നവൻ തന്നെയാണ് സൃഷ്ടിയെ അനുഭവിക്കുമെന്ന് തന്നെയാണ് ഇതിനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അത് യുക്തിക്കുന്നൊര കഥ കാരണം ഉടനെ അയാൾ പറയും ഞാൻ കാണുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഞാൻ കാണാത്തപ്പോഴും ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല പിന്നെ ഞാനിങ്ങനെ ഇതിനെ സൃഷ്ടിക്കും സൃഷ്ടിച്ചെങ്കിൽ താൻ അറിയണ്ടേ ഈ സൃഷ്ടി എന്താണെന്ന് ഈ സൃഷ്ടിയുടെ വിപുലതയെക്കുറിച്ച് എനിക്കൊരറിവില്ല എന്നാലും ഇങ്ങനെ പറയും എന്താണോ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് നീ തന്നെ നിന്റെ സൃഷ്ടിയാണ് ഇങ്ങനെ ആത്മാവിന്റെ സൃഷ്ടിയാണ് എന്നെല്ലാം പറത്മാവിനെ സ്വയം പരിച്ഛിന്നമായി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളെ ഈ സൃഷ്ടി അതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അത് ശരിയാണ് അതുകൊണ്ട് അജ്ഞനായ ഒരുവനോട് പറയാണ് നീയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അസംബന്ധം തന്നെയാണ് യുക്തിക്കും അനുഭവത്തിനും നിനക്കുന്നതല്ല അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് ആത്മാവ് ആത്മാവിൽ നിന്നാണ് ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദോഷം വരും അതുകൊണ്ട് മഷ്യകാലം പറയുന്നു ഇവിടെ ആത്മാവെന്ന് പറയുന്നത് എന്തിനാണ് അത് വിശദമാക്കുന്നു ആത്മാവ് എന്ന് പറയുന്നത് അനന്തമാണോ അനന്തതയാണ് ആത്മാവെന്ന് പറയുന്നത് അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തതയിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറയുമ്പം അവിടെ വിരോധം ഈ സൃഷ്ടി അനന്തതയിൽ നിന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും വേറെ ഒന്നിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചെന്ന് പറഞ്ഞാലും അത് എത്തിക്കുന്നരക്കത്തിൽ എന്തുകൊണ്ട് സൃഷ്ടി അനുഭവപ്പെടുന്നത് അനന്തമായിട്ടാണ് സൃഷ്ടി എന്ന് മനസ്സുൾപ്പെടെയുള്ള എല്ലാ സൃഷ്ടിയാണ് അതിന്റെ ആദിയും അന്തവും ഒന്നും അറിയാൻ വയ്യ അതുകൊണ്ടാണ് അത് അനന്തം എന്ന് പറയുന്നത് തുടക്കവും കൊടുക്കുമോ എന്നും അതിന്റെ വിശാലത എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല അതുകൊണ്ടാണ് സൃഷ്ടി അനന്ത പറയുന്നത് അങ്ങനെ അനന്തമായ സൃഷ്ടിയുടെ കാരണമായിരിക്കുന്നത് അനന്തമാണ് അനന്തത്തിൽ നിന്നേ അനന്തമായി സൃഷ്ടി സംഭവിക്കത്തുള്ളൂ അനന്തമായ ആ കാരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ അനുഭവപ്പെടുന്നു അനന്തമായി അനുഭവപ്പെടുന്ന ഈ സൃഷ്ടിയും അപേക്ഷിക്കമാണ് അതും പരിമിതമാണ് വാസ്തവത്തിൽ ആനന്ദമല്ല പരിച്ഛിന്നമാണ് അതിൽ എന്താണ് ദേശകാല വസ്തുരൂപത്തിലുള്ള പരിച്ഛനുള്ളത് അതുകൊണ്ട് ആത്മാവിൽ നിന്നാണ് സൃഷ്ടി എന്ന് പറയുമ്പോൾ ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറയും ഞാനല്ലെങ്കിൽ നീ സൃഷ്ടിച്ചു അർത്ഥത്തിലല്ല പറയും അതുകൊണ്ട് ഞാൻ എന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നു എന്നെല്ലാം അജ്ഞതയോടെ പറയാൻ വേണ്ടിയിട്ടില്ല അത് പറയുന്നു മറിച്ച് സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന ആത്മാവ് അത് അനന്തതയാണോ അനന്തമാണോ സ്വയം അനന്തമാണ് അവിടെ മാത്രമേ ഉള്ളൂ ആനന്ദി മറ്റൊരു അനന്തതയില്ല എന്ന് പറയുമ്പോൾ സൃഷ്ടിയെ കുറിച്ചുള്ള തർക്കം തീരും അതാണ് ഇവിടെ പറയുന്നത് തത്രിച സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മിക്തം മന്ത്ര പറഞ്ഞു കഴിഞ്ഞു സത്യം ജ്ഞാനം അനന്തം തത് സത്യം ജ്ഞാനം അനന്തം സത്യവും ജ്ഞാനവും പറഞ്ഞാൽ ശരി പക്ഷെ അതെങ്ങനെ അനന്തവുമാകും അത് വിശദീകരിക്കുന്നു അപ്പൊ അതിനമാണെന്ന് വ്യക്തമാക്കിയാൽ സൃഷ്ടിക്കതിനു കാരണമായി സ്വീകരിക്കാൻ പറ്റും കാരണം അടുത്ത് പറയുന്നത് ഈ ആത്മാവിൽ നിന്നുള്ള സൃഷ്ടിയെക്കുറിച്ചാണ് അത് പറയുന്നത് അനന്തമായ ആത്മാവിനെ കുറിച്ചല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് നമുക്കൊരു തമാശ പോലെ തോന്നും അതുകൊണ്ട് ആനന്ദതയെ വിശദീകരിക്കുന്നു തത്ര ത്രിവിധം ഹി ആനന്ദ്യം ദേശതഹ കാലത വസ്തുത ശരി ആനന്ദ്യം തരത്തിൽ വരാം ദേശം കൊണ്ട് കാലം കൊണ്ട് വസ്തു കൊണ്ട് എന്ന് പറഞ്ഞാൽ ദേശകാല വസ്തു ഈ മൂന്നും പരിച്ഛിന്നമാണ് പരിമിതികളുള്ളതാണ് അപ്പൊ ഈ മൂന്ന് പരിമിതികൾക്കും അപ്പുറം നിൽക്കുന്നതാണ് അനന്തം തദ്ധാ ദൈവശ്ശാന ആകാശോ നീ ദേശത പരിച്ഛേദോ അസ്ഥി ഒരു ഉദാഹരണം പറഞ്ഞു ദേശം കൊണ്ട് അനന്തമായ ഒന്നിന് നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം ആകാശം ദേശമെന്നുള്ള നമ്മുടെ സങ്കല്പത്തിന്റെ മായ അവധിയാണ് ആകാശം അതിനപ്പുറം വലിയൊരു ദേശത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം പുസ്തകം ഇവിടെയിരിക്കുന്നു മേശപ്പുറത്ത് പുസ്തകത്തിന്റെ ദേശമാണ് മേശ മേശയോ ഇവിടെ നിലത്തിരിക്കുന്നു വീട് ഭൂമിയിൽ അങ്ങനെ പോകുന്നു ഒന്നിന് ആധാരമായിരിക്കുന്നതിനാണ് നമ്മുടെ ദേശം എന്ന് പറയുന്നത് ഒന്നിന്റെ നിലനിൽപ്പിന് സഹായിക്കുന്നു അങ്ങനെ നിലനിർത്തുന്നത് അപ്പോൾ ഈ ദേശം ഏതുവരെ പോകും ഭൂമിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം സൗരയൂഥങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇതാണ് ആത്യന്തികമായി ഇതിനെ നിലനിർത്തുന്നത് എന്താണ് ഇത് നിലനിൽക്കുന്ന ഇടം അതാണ് ദേശം അതാണ് ആകാശം ഈ ഏറ്റവും അണുവും ഏറ്റവും ബൃഹത്തുമായ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഇടം അതാണ് ആകാശം ആകാശത്തെക്കുറിച്ച് നമുക്ക് പരമാ അനന്തയെക്കുറിച്ച് ഇടത്തെക്കുറിച്ച് നമുക്ക് പരമാവധി സങ്കല്പിക്കാവുന്ന ആകാശമാണ് ആകാശം അതുവഴികെയുള്ള സർവപ്രപഞ്ച വസ്തുക്കളെയും നിലനിർത്തുന്നു അതിൻ്റെ അത് എവിടെ മുതൽ ഏതു വരെ എന്ന് ചിന്തിക്കാൻ വയ്യ അതുകൊണ്ട് അത് അനന്തമാണ് എന്നും മുതൽ എന്നുവരെ എന്നും നമുക്ക് ചിന്തിക്കാൻ അതുകൊണ്ട് ദേശതഹാനന്ദ ആകാശം ദേശം കൊണ്ട് അനന്തമാണ് ആകാശം ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന അനന്തത യുക്തി അനന്ത നമുക്കൊരിക്കലും നമ്മുടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല പക്ഷേ യുക്തി കൊണ്ട് മനസ്സിലാക്കാം ദേശം കൊണ്ടാണ് സർവത്തിനും അത് ആധാരമായിരിക്കുന്നു അതുകൊണ്ട് ദേശം കൊണ്ടത് അനന്തമാണ് ഇന്ന സ്ഥലത്ത് ആകാശമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലാതാണ് ഇന്ന സ്ഥലത്ത് ആകാശമുണ്ട് ഇന്ന സ്ഥലത്ത് ആകാശമില്ലാതെ പറയാൻ കഴിയില്ല മറ്റേതിനെക്കുറിച്ചും പറയാം ആകാശം കഴിഞ്ഞ് എന്താണ് വായു അതിനെക്കുറിച്ച് പറയാം ഇന്ന സ്ഥലത്ത് വായുവുണ്ട് ഇന്ന സ്ഥലത്ത് വായുവില്ല ആകാശത്തെ സംബന്ധിച്ചത് പറയാൻ പോയി കാരണം ഇന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് തന്നെ ആകാശം ജഡം അതാണ് ആകാശം സംസ്കൃതത്തിൽ അവകാശം എന്ന് പറയും അവകാശമാണ് ആകാശം എന്ന പരിശേദോ അസ്തി ദേശം കൊണ്ട് അതിനൊരു പരിച്ഛേദമില്ല എന്നുവെച്ചാൽ അതില്ലാത്ത ദേശം അങ്ങനെ ഒന്നുമില്ല സങ്കല്പിക്കാനും സാധ്യത പക്ഷേ ഇന്നു കാലത സ്റ്റാനന്ധ്യം വസ്തുത ആകാശ പക്ഷേ അതേ ആകാശം തന്നെ കാലം കൊണ്ടനന്താണ് വസ്തുരൂപത്തിൽ അനന്തമാണെന്ന് പറയാൻ അത് പറയാൻ പറ്റത്തില്ല ആകാശം കാലം കൊണ്ട് അനന്ത എന്തുകൊണ്ട് എന്ന് പറയുന്നു തസ്മാത് വസ് ആത്മന ആകാശ സംഭൂത ഈ ആകാശം ഒരിക്കലും ഉണ്ടായി എന്ന് പറയുന്നു ആകാശത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു ആ ഉത്പത്തിക്ക് മുമ്പ് ആകാശം ഉണ്ടായിരുന്നില്ല ഉത്പത്തിക്ക് മുമ്പ് ആത്മാവ് മാത്രമായിരുന്നു അല്ലെങ്കിൽ അവ്യാകൃത ആകാശമായിരുന്നു മായാതത്വമായിരുന്നു എന്നെല്ലാം പറയും ഒരു കാലത്തിൽ ആകാശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് കാലതഹ ആനന്ദം ആകാശത്തിന് കാലം കൊണ്ടുള്ള ആനന്ദമില്ല പിന്നെ പറയുന്നു എന്താണോ ഇതെല്ലാം ഒരിക്കൽ വിലയിക്കുന്നു സൃഷ്ടി ഉത്പന്നമായ ക്രമത്തിൽ വിലയിക്കുന്നു എന്ന് പറയുന്നു വായു ആകാശത്തിലേക്ക് ലയിക്കുന്നു ആകാശം അവ്യക്തത്തിലേക്ക് ലയിക്കുന്നു അവ്യക്തം പരമകാരണവുമായി ഏകീഭവിക്കുന്നു എന്നെല്ലാം പറയുന്നു ഒരു കാലത്ത് ഈ ആകാശവും കാണില്ല അപ്പോ കാലം കൊണ്ടുള്ള ആനന്ദ്യം ആകാശത്തിനില്ല അപ്പോൾ അനന്തത പരിമിതമാണ് ആപേക്ഷികമാണോ വസ്തുത വസ്തുത ആനന്ദ്യമില്ല എല്ലാ വസ്തുവിന്റെയും പരിമിതി എന്താണോ അതിന്റെ പരിച്ഛത്തി പരിഛിന്നത എന്ന് പറയുന്നത് ഒരു വസ്തു ആയിക്കഴിഞ്ഞാൽ അതിന് അതായിരിക്കാനേ പറ്റും വേറെ ഒന്നാകാൻ പറ്റത്തില്ല ഒരു വസ്തു അതായിരിക്കുമ്പോ അതിന് മറ്റൊന്നായിരിക്കാൻ കഴിയത്തില്ല അതാണ് വസ്തുതയുള്ള പരിച്ഛേദം എന്ന് പറയുന്നത് ഇപ്പൊ പുസ്തകം ഇപ്പൊ പുസ്തകമായിരിക്കും ഇതിനിപ്പോ പേനയാകാൻ കഴിയത്തില്ല മറ്റൊന്നും മേശയാകാൻ കഴിയത്തില്ല ഇനി ഏതെങ്കിലും മറ്റൊന്നാവണമെങ്കിൽ ഇതില്ലാതാവും ഇതിനെ നശിപ്പിച്ച് നമുക്ക് ഇതിൽ നിന്ന് വേറെ ഒന്നിനും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഒരു വസ്തു അതായിരിക്കുമ്പോൾ അതിന് മറ്റൊന്നായിരിക്കാൻ കഴിയില്ല ഇതാണ് വസ്തുത പരിച്ഛയെന്ന മുറി ആകാശം അനന്തമാണ് സർവത്തിന് ഇടം കൊടുക്കുന്നു പക്ഷെ അതിനാകാശമായിരിക്കാനേ പറ്റും ആകാശമായിരിക്കുമ്പോൾ അതിന് വായു ആകാൻ വയ്യ അഗ്നി ആകാൻ കാരണം അതെല്ലാം വേറെ വേറെ നമ്മൾ അനുഭവിക്കുകയാണ് ആകാശമാകുന്ന ആധാരത്തിൽ നിലനിൽക്കുന്ന അന്യ വസ്തുക്കളായി നമ്മളതിനെ തിരിച്ചറിയും ആകാശമാണ് ജലമെന്ന് നോക്ക് പറയാൻ വയ്യ ജലമാണ് ആകാശമെന്ന് തിരിച്ചും പറയാൻ വയ്യ എന്താണ് വസ്തുത പരിമിതി പരിശിതി പരിച്ഛേദം അത് ആകാശത്തിനുണ്ട് അതന്നെ വസ്തുപരിച്ഛേദമെന്ന് പറയുന്നു ഒന്നിനു അതെന്നെ വിശദീകരിക്കും അതാവുന്നില്ല എന്തുകൊണ്ട് കസ്മാ കാലം കൊണ്ട് പരിസ്ഥിത്തി വസ്തു കൊണ്ട് പരിസ്ഥിതി അതെല്ലാത്തിനെന്തുകൊണ്ട് വരുന്ന കാര്യത്തുവാകാശം ഒരു കാര്യമാണ് ആത്മാവിൽ നിന്നുണ്ടായിന്ന് പറയുന്നു ആകാശം കാര്യമാണോ ആകാശ കാലതോപ്പി അന്തവത്വം ആ കാര്യത്വ നീവം ബ്രഹ്മണ ബ്രഹ്മം അതുപോലെയല്ല ബ്രഹ്മത്തിന് വിശേഷണം പറഞ്ഞപ്പോ അനന്തം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു സത്യവും ഞാനും എന്ന് പറഞ്ഞിട്ട് കാരണം സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അനന്തത്തിന്റെ ആവശ്യമില്ല വീണ്ടും അതെന്തുകൊണ്ട് പറഞ്ഞു ആകാശവത് കാലതോപ്പി അന്തപത്വം അക്കാര്യത്തുവാറു ബ്രഹ്മം കാര്യമില്ല അതുകൊണ്ടതിന് കാലം കൊണ്ടുള്ള പരിമിതി ഇല്ല ഒരിക്കലും ഉണ്ടായി വേറെ ഒരിക്കലും ഇല്ലാതാകുന്നതല്ല അതാണ് കാലം കൊണ്ടുവരുന്ന പരിമിതി കാര്യം ഈ വസ്തു കാലേന പരിസ്ഥിതി കാര്യവസ്തുക്കൾ കാലത്താൽ പരിമിതമാണ് കാലം ബോധിപ്പിക്കുന്നു അത് ഇല്ലാതിരുന്ന ഒരു കാലം ം നശിക്കുന്ന കാലം അകാര്യം ച്രഹ്മ ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെ പറയാം അത് അകാര്യമാണോ ഒന്നിന്റെയും കാര്യമല്ല തസ്മാ കാലതോപ്പി അനന്തം അതുകൊണ്ട് കാലം കൊണ്ടും അനന്തമാണ് ബ്രഹ്മം കാലം കൊണ്ട് അനന്തമാണ് കഥ വസ്തുത അതുപോലെ തന്നെ വസ്തുരൂപത്തിൽ വസ്തുത വസ്തുപരമായി അല്ലെങ്കിൽ വസ്തുരൂപത്തിൽ അത് അനന്തമാണോ കഥം വന്നർ വസ്തുത അനന്തിന് വസ്തുതാനന്ദ സർവ അനന്യത്വ അത് സർവ അനന്യമായിരിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട അത് സർവ അനന്യമായിരിക്കുന്നു ബ്രഹ്മത്തിന് മാത്രമേ സർവ അനന്യമായിരിക്കാൻ പറ്റൂ ഒന്നിൽ നിന്നും അതന്യമല്ല എന്നർത്ഥം അതാണ് സർവ അനന്യം സർവാനന്യത്വ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതാണ് ബ്രഹ്മം സർവനന്യമാണ് ബ്രഹ്മത്തിൽ നിന്നൊന്നിനെയും വേർതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ബ്രഹ്മത്തെ സർവ അനന്യം എന്ന് പറയുന്നത് സ്വർണത്തിൽ നിന്നും ഒരാഭരണത്തെയും വേർതിരിക്കാൻ വയ്യ അതുകൊണ്ട് സ്വർണം സർവഭരണങ്ങളോടും അനന്യമായിരിക്കുന്നു അങ്ങനെ സർവ അനന്യമായിരിക്കുന്ന ഒന്നിന് വസ്തുപരിച്ഛേദം ഇല്ല കാരണം അതല്ലാത്ത ഒരു വസ്തുല്ല ഇവിടെ പുസ്തകം വേറെ പേന വേറെ രണ്ടും രണ്ട് പക്ഷെ ആ രണ്ടു വർഷങ്ങൾക്ക് പരസ്പരം അന്യമായിരിക്കാൻ കഴിയും പരസ്പര ഭേദമാണ് പക്ഷേ ഇത് ഇത് രണ്ടും ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിരിക്കാൻ കഴിയും ബ്രഹ്മം തന്നെയാണ് പുസ്തകമായിരിക്കുന്നത് അത് തന്നെയാണ് പേനയായിരിക്കുന്നത് അപ്പൊ ഇതിന് രണ്ടിനും അന്യമായിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് സർവ അനന്യത്വ ഭ്രമം സർവനന്യമാണ് പറയുന്നു ഭിന്നം ഈ വസ്തു വസ്തുഅന്തോതി രണ്ട് വസ്തുക്കൾ ഭിന്നമാണ് വസ്തകം വേറെ പേന വേറെ രണ്ട് ഭിന്ന വസ്തുക്കൾ എന്തുകൊണ്ട് വസ്തുവന്തരസിഅന്തോ ഭവതി ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ അന്തമാണ് അവസാനമാണ് നടത്തുന്നത് എങ്ങനെ പുസ്തകത്തെ ഞാൻ അറിയുന്നു കാണുന്നു പറയുന്ന ഇത് പുസ്തകമാണ് ബുദ്ധി ഗ്രഹിക്കുന്നു പക്ഷെ ഏത് നിമിഷമാണോ ആ ബുദ്ധി പുസ്തകത്ത് വിട്ട് പേനയെ ഗ്രഹിക്കുന്നത് അത് പുസ്തകത്തിന്റെ അന്തം അവിടെ പിന്നെ ഇത് പുസ്തകമെന്ന് പറയാൻ കഴിയുന്നില്ല അറിയാൻ കഴിയുന്നില്ല അനുഭവിക്കാൻ കഴിയുന്നില്ല മറിച്ച് ഇത് പേന എന്നെ അറിയാൻ ഒരു വസ്തുവിനെ ഒരിക്കലും മറ്റൊരു വസ്തുവായി അറിയാൻ കഴിയുന്നില്ല ഭ്രമത്തിലൊഴുകി അവിടെ ആണെങ്കിലോ അവസ്ഥ വിട്ടില്ലതാണ് പിന്നെ അറിയുന്നതന്നെ മറ്റൊരു വസ്തുവാണ് ഭ്രഹത്തിൽ എന്ത് സർപ്പം ക്കുന്നു സർപ്പയറിനെ സർപ്പമാണെന്ന് ഭരിക്കുമ്പോൾ അവിടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു കയറല്ല സർപ്പം തന്നെ ഒരു കാരണവശാലും ഒരു വസ്തുവിനെ മറ്റൊന്നായി അറിയാൻ കഴിയില്ല ഒന്നിനെ വിട്ട് ബുദ്ധി മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ അവിടെ അവസാനിച്ചു ഒരു സമയം തന്നെ ആ ഇത് പുസ്തകമാണ് ഇത് ഇതിൽ നിന്ന് നന്യമായ പേനയുമാണ് അങ്ങനെ അറിയാൻ കഴിയില്ല അതാണ് ഭിന്നം ഈ വസ്തു ഭിന്നമായ വസ്തുക്കൾ ഈ രണ്ട് വസ്തുക്കൾ വസ്തുവും പേനയും വസ്തു ദരസ്യ പുസ്തകത്തിൽ നിന്ന് പേനയിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യുന്നു അന്തോഭോതി ആദ്യത്തെ അന്തമായി എന്തുകൊണ്ട് ഒരു വസ്തുവിന് ഒരിക്കലും മറ്റൊന്നായിരിക്കാൻ സാധ്യമാണ് മറ്റൊന്നിലിരിക്കാൻ പറ്റും പുസ്തകത്തിന് മേശപ്പെടുത്തിയിരിക്കാൻ പറ്റും പക്ഷെ പുസ്തകത്തിന് മേശയായിരിക്കാൻ പറ്റത്തില്ല ഇതാണ് വസ്തുപരിച്ചത് വസ്തുർഹി പ്രസക്തരാ നിവർത്തത അനുഭവത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു വസ്തു പ്രസക്തരാ ഇത് പുസ്തകമാണെന്നുള്ള ബുദ്ധി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മേശയാണെന്നുള്ള ബുദ്ധി അവിടെ മാറിപ്പോകുന്നു മുമ്പുണ്ടായിരുന്നു അന്ന് വസ്തുതര ബുദ്ധി പ്രസക്ത വസ്തുതരാ നിവർത്തത് മുമ്പുണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് മാറുന്നു ഓരോ വസ്തു പരിച്ഛിന്നമാണ് യതോ യസ് ബുദ്ധിർ നിവൃത്തി അന്ത ഏതിൽ നിന്നാണോ അന്യബുദ്ധി പോയത് പുസ്തകത്തെ കണ്ടപ്പോ മേശ എന്നുള്ള ബുദ്ധിപ്പോയി അതുകൊണ്ട് സതസ്യ അന്തഹ ഈ രണ്ടാമത് വന്ന എന്നുള്ള ബുദ്ധി ആദ്യം ഇതിമേശയാണെന്നുള്ള ബുദ്ധിയുടെ അന്തകനാണ് എന്ന് വെച്ചാൽ ഇവിടെ അത് അവസാനിക്കുന്നു ഇതാണ് അന്ധത അനന്തം എന്ന് വിപരീതമാണ് അന്തം അനന്തതയുടെ വിപരീതമാണ് അന്ധത എന്താണ് അനന്തം എന്താണ് അനന്തത അതാണ് വിശദീകരിക്കുന്നു അന്ത ഗോത്വുദ്ധി അശ്വത്ഥ നിവർത്തത അശ്വത്ഥഅഅം ഗോത്വം അന്തതി പശുവിനെ കണ്ടാൽ ഇത് പശുവാണെന്ന് അറിയുന്നു അതിനാണ് ഗോത്വബുദ്ധി എന്ന് പറയുന്നത് കുതിരയെ കണ്ടാൽ ഇത് കുതിരയാണെന്ന് തിരിച്ചറിയുന്നത് അത് അശ്വത്വബുദ്ധി ഒരാൾ കുതിരയെ കാണുന്നു ണെന്നും തിരിച്ചറിയുന്നു അടുത്ത നിമിഷം അയാൾ പശുവിനെ കാണുന്നു ഇത് പശുവിനെ കണ്ട് ഇത് പശുവാണെന്ന് അറിയുന്ന നിമിഷം അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഇത് കുതിരയാണെന്നുള്ള ആറിവ് നഷ്ടമാണ് രണ്ടും കൂടി ഒരു കാരണവശാലും ഒരു സമയം ഇരിക്കാൻ സാധ്യമേയല്ല ഇത് പശുവാണെന്നറിഞ്ഞോ ആ നിമിഷം ഇത് കുതിരയാണെന്നുള്ള ബുദ്ധി ഇവിടെക്കുള്ളൂ ഇതാണ് അന്ധത അതാണ് തന്യത ഗോത്വബുദ്ധി അശ്വത്ഥ വിനിവർത്തതെ ഗോത്വബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അശ്വത്വ ബുദ്ധിയില്ല അശ്വത്വ ബുദ്ധിയുണ്ടോ അവിടെ ഗോത്വബുദ്ധിയില്ല അശ്വത്വ അന്തം ഗോത്വം ഇപ്പൊ ഗോത്വം അശ്വബുദ്ധി വരുന്നവരെ ഗോത്വ ബുദ്ധിയുള്ളു ഇത് അശ്വമാണ് എന്നറിയുന്നതുവരെ ഇത് പശുവാണെന്നുള്ള ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഇത് പശുവാണെന്നറിയുന്നതുവരെ അശു ആണെന്നുള്ള ബുദ്ധിയുള്ളു ഇതി അന്തവദൈവോധി അതുകൊണ്ടെന്താണോ ഈ ഓരോ ബുദ്ധിയും അന്തവത്താണോ സച്ച അന്തോ ഭിന്നേഷു വസ്തുഷോ ദുഷ്ടോ ഈ നാനാവസ്തുക്കളിൽ ഈ അന്തവത്വ ബുദ്ധി സദാവ ഓരോ സമയത്തെയും ഓരോ സമയത്തും ഓരോ വസ്തുവിനെയും അറിയുമ്പോൾ നമ്മൾ ഇത് എന്ന് തന്നെ അറിയുന്നത് ആനന്ദമെന്നല്ല നൈവം ബ്രഹ്മണോ ഭേദ അതുപോലെ ബ്രഹ്മത്തിൽ ഭേദമില്ല അതെന്താ ബ്രഹ്മത്തെ ഭേദമില്ലാത്ത കാരണം ബ്രഹ്മം സർവത്തോടും അനന്യമായിരിക്കും സർവത്തോടും അനന്യമായിരിക്കുന്ന ഒന്നിൽ എങ്ങനെ ഭേദം വരും ഭേദമെന്ന് പറയുന്നത് എന്താണോ പുസ്തകത്തിൽ നിന്നും മേശ അന്യമായിരിക്കും അതിന് ഭേദമെന്ന് പറയും ഒന്ന് മറ്റൊന്നിൽ നിന്നും അന്യമായിരുന്നാൽ അവിടെ ഭേദമുണ്ട് അന്യമല്ലാത്തതിനെയാണ് പറയുന്നത് അനന്യം അനന്യം എന്ന് പറഞ്ഞാൽ അന്യമല്ല ഒന്നുണ്ടിവിടെ ഒന്നിനോടും അന്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ സർവത്തിനോടും അനന്യമായിരിക്കുന്നത് അന്യമല്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ആത്മാവ് സർവത്തോടും അനന്യമായിരിക്കുന്നു സർവത്തോടും അനന്യമായിരുന്നാൽ അതിലെങ്ങനെ അന്ധതത്വം വരും നീ പറയാൻ പറ്റും എന്താണോ പുസ്തകം അല്ല മേശ മേശ അല്ല പുസ്തകം എന്ന് പറയാൻ പറ്റും പക്ഷെ പുസ്തകം അല്ല ആത്മാവ് മേശ അല്ല ആത്മാവ് അങ്ങനെ പറയാൻ കഴിയില്ല ആത്മാവല്ല പുസ്തകം ആത്മാവല്ല മേശ അങ്ങനെ തിരിച്ചും പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ആത്മാവ് സർവത്തോടും അനന്യമായിരിക്കുന്നു അന്യമല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ താതാത്മ്യത്തിനിരിക്കുന്നു ഒന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സൃഷ്ടിക്കൊരു വൈഷമ്യമില്ല ആ യുക്തിയിലാണ് പറയുന്നത് ഈ സൃഷ്ടിയോട് സൃഷ്ടികർത്താവ് അനന്യമായിരിക്കുന്നു അപ്പോൾ ഈ സൃഷ്ടി എത്ര വിപുലമായാലും ശരി എത്ര അതിനോട് അനന്യമായിരിക്കുന്ന കാരണത്തിന് ഈ സൃഷ്ടി ഉണ്ടാകുന്നതിന് ഒരു കാരണവസർവത്തോട് അനന്യമായിരിക്കുന്നു അതുകൊണ്ട് അതിൽ വസ്തുതകളുടെ പരിശേദവും ഇല്ല അന്യത്വം ഉണ്ടെങ്കിൽ ആ ഭേദം വരും ഇവിടെ ഓരോ വസ്തുവിനും അന്യത്വം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടിവിടെ വസ്തുപരിച്ഛേദം ഓരോ വസ്തുവിനും പക്ഷെ ബ്രഹ്മത്തോടത് അന്യമല്ല അനന്യമാണ് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുമ്പോൾ അതേ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് ഇത് ബ്രഹ്മത്തോട് അനന്യമാണ് ഇത് രണ്ടും രണ്ടർത്ഥമല്ല പറയുന്നു ചിലർക്ക് പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല അനന്യമാണ് ബ്രഹ്മത്തോട് അനന്യമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്ക ഒരു പ്രയാസം എന്തായെന്ന് വരുന്ന വ്യത്യാസം ഒന്ന് പറയുന്നത് സ്വർണത്തിൽ നിന്ന് വേറിട്ട ആഭരണമില്ല എന്നാണ് സ്വർണ്ണത്തിൽ നിന്ന് വേറിട്ട ആഭരണമില്ല പെട്ടെന്ന് ഒരാളോട് പറയാണ് ആഭരണം സംഭവിച്ചിട്ട് ഒരാളോട് പറയാണ് ഈ ആഭരണം മിഥ്യയാണ് എന്ന് പറഞ്ഞയാൾ അംഗീകരിക്കില്ല കാരണം ഇത് കാശ് കൊടുത്ത് വാങ്ങിയാണ് മിഥ്യയല്ല അതിങ്ങനെ മിഥ്യയാകും അതിങ്ങനെ മിഥ്യയാകുന്നു അതൊരിക്കലും ആകാൻ വഴിയില്ല കാരണം ഇത് വിലപിടിപ്പുള്ള വസ്തുവ അപ്പോൾ മിഥ്യ എന്ന് പറഞ്ഞു പിന്നെ വിശദീകരിക്കേണ്ടി എന്താണോ മിഥ്യ എന്ന് പറഞ്ഞാൽ താല്പര്യം ഈ ആഭരണം സ്വർണത്തിൽ നിന്നും ആഭരണ സ്വർണത്തിൽ നിന്നും വേറെയല്ല എന്ന് പറയുന്നതാണ് മിഥ്യയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ രണ്ടു എന്താ വ്യത്യാസം ഒന്ന് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയാനെങ്കിൽ ബ്രഹ്മത്തോടത് അനന്യമാണ് ഇതാണ് പറഞ്ഞത് ആഭരണം വിഥിയാണെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം സ്വർണ്ണത്തിൽ നിന്നും വേറെയല്ല സ്വർണ്ണത്തിൽ നിന്ന് വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാമെങ്കിൽ മിഥ്യാണെന്ന് പറഞ്ഞാലും സ്വീകരിക്കാം ശബ്ദത്തിലുള്ള വ്യത്യാസം വരും പക്ഷെ അത് രണ്ടും രണ്ടല്ലേ മിഥ്യ എന്ന് പറയുമ്പോ എന്താ അതില്ലാത്തതാണെന്നല്ലേ ശരി ഇല്ലാത്തതാണെന്നുള്ള അർത്ഥമെടുത്താൽ ശരി എന്തുകൊണ്ട് അവിടെ സ്വർണത്തിൽ നിന്ന് വേറിട്ട് ആഭരണം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു നാമത്തിനോ പ്രത്യേകിച്ചൊരു രൂപത്തിനോ യാതൊരു പ്രസക്തിയില്ല സ്വർണത്തിൽ നിന്ന് വേറിട്ട് എന്തുകൊണ്ട് ആ സ്വർണത്തെ തന്നെയാണ് ആഭരണമെന്ന് വിളിച്ചത് ആഭരണമെന്ന് വിളിക്കാൻ അവിടെ രണ്ടാമതൊരു വസ്തു ഉണ്ടായിരുന്നില്ല ആഭരണമായി കാണുന്ന ആ ആകൃതി അത് സ്വർണത്തിന്റെ ആകൃതി തന്നെയാണ് എന്ന് വ്യക്തമായി പറയുമ്പോൾ മനസ്സിലാവെന്താണ് ഈ മിഥ്യ എന്ന് പറയുന്നത് തന്നെയാണ് അനന്യത രണ്ടും രണ്ടല്ല അതുകൊണ്ട് സ്വർണത്തിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ആഭരണം ഉണ്ടാക്കിയാലും ശരി ആ സർവ്വ ആഭരണങ്ങളോടും ആ സ്വർണത്തിന് അനന്യമായിരിക്കാൻ കഴിയും അതിൽ ഏത് തരത്തിലുള്ള ഏത് നാമത്തിലുള്ള ഏത് രൂപത്തിലുള്ള ആഭരണം ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ പ്രസക്തിയില്ല അതൊരു വിഷയമേ അല്ല അതെങ്ങനെയെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞാലും ശരി സ്വർണം എന്നുള്ള ആ നാമത്തിൽ കൊണ്ട് പറയുന്ന നിന്ന് വേറിട്ടൊരു വസ്തുവിന് ആഭരണമെന്നുള്ള ശബ്ദം കൊണ്ട് പറയാൻ കഴിയില്ല ആഭരണത്തിൽ കാണുന്ന എന്തെല്ലാ രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളെല്ലാം സ്വർണത്തിൻ്റെ മറ്റൊരു വസ്തുവിന്റെ അല്ല അപ്പൊ അവിടെ അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും തോന്നുന്നു ഇത് വേറെയാണോ എങ്ങനെ തോന്നുന്നു ആഭരണം മിഥ്യാണെന്ന് പറഞ്ഞാൽ എതിർക്കാൻ തോന്നുന്നു അത് ശരിയല്ല ആ അതിന ഭേദബുദ്ധി എന്ന് പറയുന്നു സത്യം മനസ്സിലായാലും വീണ്ടും ചോദ്യം ചെയ്യുന്നു എങ്ങനെ മിഥ്യയാകും അപ്പോ മിഥ്യയാണെന്ന് പറയുമ്പോ അംഗീകരിക്കാൻ ബുദ്ധിക്ക് മടിയുണ്ടെങ്കിൽ അവിടെ പറയുക അത് അനന്യമാണ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാനൊക്കത്തില്ല രണ്ടിന്റെയും താല്പര്യം ഒന്നായി മനസ്സിലാക്കും അതുകൊണ്ട് പറയുന്നു ്രഹ്മം അനന്തമായിരിക്കുന്ന ആകാശത്തെക്കാളും അനന്തമാണ് എന്തുകൊണ്ട് അത് അനന്തമായ ആകാശത്തോടും അനന്യമായിരിക്കുന്നു ആകാശകാര്യങ്ങളോടും അനന്തമായിരിക്കുന്നു ആ ബ്രഹ്മം തന്നെയാണ് ആത്മാവ് ആ ആത്മാവിൽ നിന്നും ആകാശം തുടങ്ങിയ സൃഷ്ടി സംഭവിക്കുന്നത് യാതൊരു വൈരുദ്ധ്യവുമില്ല വൈഷമ്യവും ഇല്ല അതുകൊണ്ട് ആത്മാവിൽ നിന്നും സൃഷ്ടി സംഭവിക്കുന്നെന്ന് പറയുമ്പോൾ പരിഛിന്നമായ എന്തോ ഒരു ഞാൻ അതിൽ നിന്ന് ഈ സൃഷ്ടിയുണ്ടായി എന്ന് ധരിക്കാനല്ല പറയുന്നു അനന്തമായ സൃഷ്ടിയുടെ കാരണം ആ കാരണത്തിൽ നിന്ന് ആനന്ദമായ ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നു ഇത് കാര്യമായതുകൊണ്ട് ആനന്ദവുമായി താരതമ്യം ചെയ്യാൻ ഇതൊന്നുമല്ല ഇത് പരിച്ഛിന്നമാണ് അത് മിഥ്യയാണ് അല്ലെങ്കിൽ അത് അന്യമല്ല സൃഷ്ടികർത്താവിൽ നിന്ന് അന്യമല്ല ഇതാണ് സർവസ്തു കാരണത്വ അതോ വസ്തുതോപ്പി ആനന്ദ്യം അതുകൊണ്ട് എന്താണോ അനന്തത ആ ബ്രഹ്മത്തിലുണ്ട് അപ്പൊ അതിന് ആത്മാവെന്ന് പറഞ്ഞാലും ശരി അതിന് സൃഷ്ടിക്ക് കാരണമാകാം അപ്പൊ സൃഷ്ടിയുടെ കാരണത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരാൾ പറയുകയാണ് സൃഷ്ടിയുടെ കാരണം എന്താണെന്ന് പറയാൻ വയ്യ അതിനെ അറിയാൻ വയ്യ അത് വ്യക്തമാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണത് ആ സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന എന്തോ അത് കാലം കൊണ്ടോ ദേശം കൊണ്ടോ വസ്തു കൊണ്ടോ പരിച്ഛിന്നമുണ്ട് പരിച്ഛിന്നമായ ഒന്നിനെ നമുക്ക് ബുദ്ധി കൊണ്ട് വെളിപ്പെടുത്താൻ കഴിയും അപ്പൊ അതിനെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ അതിന്റെ അടയാളമാണ് എന്താണ് അനന്തതയുടെ അടയാളമാണ് കാലദേശ വസ്തുക്കൾ കൊണ്ട് പരിച്ഛിന്നമായ മാത്രമേ ബുദ്ധി കൊണ്ടറിയാൻ കഴിയൂ കാരണം ബുദ്ധി അങ്ങനെ ഒന്നാണ് കാലദേശ വസ്തുക്കളാൽ പരിച്ഛന്നമായൊന്നാണ് ബുദ്ധി ആ ബുദ്ധിയോണ്ട് ഗ്രഹിക്കുന്ന സർവവും കാലദേശ വസ്തുക്കളാൽ പരിച്ഛിന്നമായി പരിച്ഛിന്നമായതിനെ പരിച്ഛിന്നമായ ഒന്നുകൊണ്ടറിയുന്നു അപരിച്ഛിന്നമായ ഒന്നിനെ ഇതുകൊണ്ട് അറിയാൻ വയ്യ അതാണ് വാസ്തവത്തിൽ അനന്തമായിരിക്കുന്നത് എന്തുകൊണ്ട് അത് പറയുന്നു കഥമ്പുന സർവാനന്ദ്യത്വം സർവനന്യത്വം ബ്രഹ്മ ബ്രഹ്മം അനന്തമാകണമെങ്കിൽ അത് അനന്യമാകണം സർവത്തോടും അനന്യമായിരിക്കും നല്ല അനന്ത പറയാൻ പറ്റും അങ്ങനെ ഇവിടെ ഒരു വസ്തു ഉണ്ടാകരുത് ബ്രഹ്മ അല്ലാത്തത് എന്നാൽ അത് പരിശിന്നമായി മേശപുസ്തകം അല്ലാത്തത് കൊണ്ടാണ് അത് പരിച്ഛന്നമായത് ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്തു കാണിച്ചിട്ട് ഇത് ബ്രഹ്മമല്ല എന്ന് പറയാൻ കഴിയത്തില്ല കതമ്പിന് സർവ അനന്യത്വം എങ്ങനെയാതിന് സർവ അനന്യത്വം വരും പറയുന്നു സർവവസ്തു കാരണത്വ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദീകരിച്ചത് സർവവസ്തുവിനും അത് കാരണമാണ് ഈ ആത്മാവായിരിക്കുന്ന ബ്രഹ്മം സർവത്തിനും കാരണമാണ് അതുകൊണ്ട് സർവകാര്യവും അതിനോട് അനന്യമാണ് അതുകൊണ്ട് ബ്രഹ്മം അനന്തമാണ് അല്ലെങ്കിൽ അനന്തം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് കാരണം അനന്തം എന്ന് പറയുന്നതിന്റെ താല്പര്യമാണ് അനന്തം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല അനന്തം എന്നുള്ള ശബ്ദത്തിന്റെ താൽപ്പര്യം പറയുന്നു സർവവസ്തുവിനും കാരണമായിരിക്കുന്നുവെന്നു മാത്രമേ അനന്തമാകാൻ പറ്റൂ അതുകൊണ്ട് ആകാശത്തിന് അനന്തമാകാൻ പറ്റത്തില്ല എന്നുണ്ട് ആകാശത്തിന് കാരണം ആകാശമല്ല ആകാശത്തിനും കാരണമുണ്ട് അതാണ് സർവാനന്ദമായിരിക്കുന്നത് സർവവസ്തു കാരണത്വ സർവീഷാഹി വസ്തുവിന കാല ആകാശാദീന കാരണം തരമാ സർവവസ്തുക്കൾക്കും അത് കാരണമാണ് കാല ആകാശദിത്വ മനസ് തുടങ്ങി സർവത്തിനും കാരണമാണ് ബ്രഹ്മ അതുകൊണ്ട് ബ്രഹ്മം അനന്തമാണ് ആ ബ്രഹ്മത്തെ അപേക്ഷിച്ച് സർവം പരിച്ഛന്നമാണ് ്രഹ്മത്തെ അപേക്ഷിച്ച് സർവവും പരിച്ഛന്നമായി അങ്ങനെയ സർവത്തെ അപേക്ഷിച്ച് ബ്രഹ്മം എന്തുകൊണ്ട് പരിച്ഛന്നമായി കൂട ഒരു പക്ഷം മാത്രം എന്തിനാ ചിന്തിക്കുന്നു ഈ പുസ്തകത്തെ അപേക്ഷിച്ച് മേശ പരിച്ഛന്നമാണോ അതുകൊണ്ടാണ് തിരിച്ച് സംഭവിക്കുന്നത് എന്താണോ മേശയെ അപേക്ഷിച്ച് പുസ്തകം പരിച്ഛന്നമാണ് എന്തായാലും ഈ പ്രപഞ്ചം വ്യാപകമാണോ ്രഹ്മത്തെ അപേക്ഷിച്ച് പ്രപഞ്ചം പരിച്ഛിന്നു എന്തായാലും സൃഷ്ടി അംഗീകരിക്കുന്നു അംഗീകരിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നും സൃഷ്ടിയുണ്ടായി സൃഷ്ടി എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കേണ്ടി വരുന്നു നമുക്കിവിടെ പുസ്തകത്തെയും മേശയും അംഗീകരിക്കേണ്ടി വരുന്നു പറയുന്നു മേശയെ അപേക്ഷിച്ച് പുസ്തകം പരിച്ഛിന്നമാണെങ്കിൽ അതേ യുക്തി തിരിച്ചും പറയാം മേശ അപേക്ഷിച്ച് പ്രസുവും പരിച്ഛിന്നമാണ് അതുപോലെ സൃഷ്ടികർത്താവിനെ അപേക്ഷിച്ച് ഈ സൃഷ്ടി പരിച്ഛിന്നമാണെങ്കിൽ ഈ വിപുലമായ സൃഷ്ടി അപേക്ഷിച്ച് സൃഷ്ടി കർത്താവ് എന്തുകൊണ്ട് പരിച്ഛിന്നമായിക്കൂടാ അതിനെന്താ എന്നാണ് അതിന് പറയുന്നു കാര്യ അപേക്ഷയാ വസ്തുതോ അന്ധവത്വം വിധിച്ചു കാര്യത്തെ അപേക്ഷിച്ച് കാരണത്തെ പരിച്ഛേദമുണ്ടെന്ന് സ്വീകരിക്കുക വസ്തുപരിച്ഛേദം എന്തുകൊണ്ട് വസ്തുപരിച്ഛേദം എവിടെയാ വരുന്നത് ഒന്നിന് മറ്റൊന്നായിരിക്കാൻ കഴിയാത്തത് നിങ്ങൾ പറയുന്നു ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി എന്താ ആകാശം വായു കാലം തുടങ്ങിയതെല്ലാം അഗ്നി ജലം ഭൂമി എല്ലാം അതിൽ നിന്നുണ്ടായി ഈ ഉണ്ടായിരിക്കുന്നതെല്ലാം വേറെ വേറെയാണെങ്കിൽ ഈ ഉണ്ടായതെല്ലാം ഒന്നല്ലോ വേറെ വേറെ വസ്തുക്കളാണല്ലോ ഒന്നിൽ നിന്ന് പല വസ്തുക്കളുണ്ടായി എന്തായാലും ഇവിടെ ഭേദം സംഭവിച്ചു സംഭവിച്ച സ്ഥിതിക്ക് പറയേണ്ടി വരും ഇതായി ഭൂമി ഇതല്ല സുര്യെന്ന് പറയുന്നുണ്ടല്ലോ നേരി നേരി ഭൂമിയല്ല ആത്മാവ് ഇവിടെയും പറയും കോശങ്ങളെ നിരൂപണം ചെയ്തിട്ട് പറയും ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അങ്ങനെ ഇത് ഭൂമിയല്ല ജലമല്ല അഗ്നിയല്ല വായുവല്ല ആകാശമല്ല എന്ന് പറയുമ്പോ ഇവിടെ ഭേദം വന്നു കഴിഞ്ഞു ഈ കാര്യത്തെ അപേക്ഷിച്ച് അത് വേറെയാണ് അപ്പൊ വസ്തുപരിച്ഛേദം വന്നു കഴിഞ്ഞു സൃഷ്ടി അംഗീകരിക്കുകയും സൃഷ്ടിയുടെ നാനാത്വത്തെ അംഗീകരിക്കുകയും ചെയ്താലും ഭേദം വരും ഭേദം വന്നു കഴിഞ്ഞാൽ വസ്തുപരിച്ഛേദം വരും എന്തുകൊണ്ട് ഭൂമിയല്ല ആത്മാവ് എന്ന് പറയേണ്ടി വരും ജലമല്ല ആത്മാവെന്ന് പറയേണ്ടി വരും കാര്യ അപേക്ഷിച്ച് വസ്തുത വരുന്നു അതുകൊണ്ട് ബ്രഹ്മത്തെ കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തെ അപേക്ഷിച്ച് അതിൽ വസ്തുപരിച്ഛേദം വരും അതുകൊണ്ട് ഇതിന് കാരണമായി ഒന്നിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇത് ചേർന്ന അനടുതത്വാസ്തു അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ശരിയാണ് ഇവിടെ പുസ്തകവും മേശിയും ഉണ്ട് രണ്ടാമതായി മറ്റൊന്നുണ്ട് അങ്ങനെ ഉള്ളിടത്ത് വസ്തു പരിച്ചിരുന്നു ഒന്നിനപേക്ഷിച്ച് മറ്റൊന്ന് പരിച്ചിരുന്നു അതിൽ തർക്കമില്ല പക്ഷേ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായാൽ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി ഉണ്ടാകാൻ പറ്റത്തില്ല ഇത് നമുക്ക് വേറിട്ട് അനുഭവപ്പെടുന്നു വസ്തുതത്തിന്റെ നാമം രൂപം അല്ല മേശയുടെ വ്യക്തമായും ഭേദം അനുഭവപ്പെടുന്നു അതുകൊണ്ടിവിടെ വസ്തുപരിച്ഛണ്ട് സർവവസ്തുക്കളും പരിശീലമുണ്ട് സ്വർണത്തിൽ നിന്ന് വള കമ്മല് മോതിരം മാല എല്ലാം ഉണ്ടാകും നമുക്ക് ഇത് വളയല്ല കമ്മല് കമ്മലല്ല മോതിരം എന്ന് പറയാം അത് ശരിയാണ് അങ്ങനെ പറയുമ്പോഴും ഇത് സ്വർണമല്ലെന്ന് പറയാൻ കഴിയുന്നില്ല നമ്മൾ കൽപ്പിക്കുന്നു വട വേറെ മോതിരം വേറെ ആ കൽപ്പനയ്ക്കനുസരിച്ച് അവിടെ വസ്തുപരിച്ചുണ്ട് വടയല്ല മോതിരം മോതിരം തക്ഷേ സ്വർണമല്ല എന്ന് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവിടെ വസ്തുപരിച്ചയതുമില്ല കാര്യമായ ആഭരണങ്ങളെ അപേക്ഷിച്ച് കാരണമായ സ്വർണത്തിൽ ഭേദമില്ല അതുകൊണ്ടവിടെ വസ്തുപരിച്ഛേദമില്ല അതുകൊണ്ടിവിടെ ഉണ്ടായതെല്ലാം അനന്യമായി ഉണ്ടായി ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടമായതെല്ലാം ബ്രഹ്മത്തോട് അനന്യമായി ഉണ്ടായി അതുകൊണ്ട് ഈ കാര്യത്തിൽ അപേക്ഷിച്ച് ആ കാരണത്തിൽ വസ്തുപരിച്ഛേദമില്ല കാരണം ഇതല്ലാതെ തന്നെയാണ് അതല്ല ഇത് വേറെയാണെന്ന് പറയുമ്പോഴാണ് പറയേണ്ടി വരുന്നത് ഇത് മിഥ്യയാണ് വേറെയാണെന്നുള്ള നിന്റെ ആ കാഴ്ച വേറെയായിട്ട് നീ എന്തിനാണോ കാണുന്ന അത് മിഥ്യ എന്നാ പറയുന്നത് ഇതിന് കണ്ടു കഴിഞ്ഞാൽ അനന്യമായി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മിഥ്യാത്വമില്ല അപ്പൊ മിഥ്യ എന്ന് പറയുന്നതിന് രജ് സ്വൽപ്പം എന്ന് പറയുന്ന ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാകുമ്പോൾ വലിയ ഭ്രമമാണ് സംഭവിക്കുന്നത് ഉദാഹരണം ശരിയല്ലാത്തോണ്ടല്ലോ ആ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ട സൂക്ഷ്മത സ്ഥൂലബുദ്ധിക്ക് ജനിക്കാൻ പറ്റത്തില്ല അപ്പൊ മിഥിയെന്ന് പറയുമ്പോൾ മറ്റെന്തോ ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ കടന്നു വരും ചിലരതിനെ മുറിവ പിടിക്കും ചിലരതിനൊന്ന് ശരി ഇത് രണ്ടും ശരിയല്ല മിഥ്യാ ശബ്ദം കൊണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാവനയല്ല മിഥ്യ ഇവിടെ അത് വളരെ വ്യക്തമാകുന്നു എന്താണോ അനന്യമാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ അനന്യമാണെന്ന് വെച്ചാൽ എന്താണ് അത് കാരണത്തിൽ നിന്നും വേറെയല്ല സ്വർണത്തിൽ നിന്നും വേറെയല്ല ആഭരണമെന്ന് അതാണ് മിഥ്യയുടെ അർത്ഥം ാണ് അന്നതത്വ കാര്യവസ്തു കാര്യം അനടതമാണ് എന്ന് പറഞ്ഞാൽ എന്താണോ അനടതം എന്ന് പറയാൻ വീണ്ടും അതേ ആശയക്കുഴപ്പം വരും മിഥ്യെന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് ലോകത്തിൽ ആകെ പരിചയമുള്ളത് ഈ അന്നദത്തെ മാത്രമാണ് പഴകിയതും സത്യത്തെ അറിയില്ല വെറുതെ എന്താണെന്ന് അറിയത്തില്ല അതറിയാത്തതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവന് അനൃതമായിട്ടേ ഗ്രഹിക്കും ധൃതമായി ഒന്നിനെ ഗ്രഹിക്കാൻ ഉള്ള ശീലം ബുദ്ധിക്കില്ല പാരമാർത്ഥികമായാലും ശരി വ്യാവഹാരികമായാലും ശരി വ്യാവഹാരികമായി പോലും സത്യത്തെ ഗ്രഹിക്കാൻ വലിയ പ്രയാസം സത്യത്തെക്കുറിച്ച് നമുക്കെന്താണ് ഉള്ളത് കേവല സങ്കല്പങ്ങൾ മാത്രമാണ് അല്ലാതെ വ്യാവഹാരികമായി പോലും സത്യം എന്താണെന്ന് നമുക്കൊരിക്കണം അറിയില്ല സത്യത്തെക്കുറിച്ചുള്ള ഭാവനകളെ നമ്മൾ സത്യമാണെന്ന് ധരിക്കുന്നു അത്രയും പരമാർത്ഥത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അതിനെ അനധമായി ഗ്രഹിക്കാൻ കഴിയില്ല കാരണം ബതിരീകരിക്കുന്ന കാര്യനാമ വസ്തു അസ്ഥി കാരണത്തിൽ നിന്നും വേറിട്ട് ഒരു കാര്യം ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാര്യകാരണ ബന്ധത്തെ സ്വീകരിക്കുന്നുണ്ടോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ കാരണത്തെ അന്വേഷിക്കും തനിക്കൊരു കാരണമുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിനൊരു കാരണം വേണമല്ലോ അപ്പൊ കാര്യകാരണ ബന്ധമെന്ന് പറയുന്നത് പ്രത്യക്ഷാനുഭവമാണ് പക്ഷെ ആ പ്രത്യക്ഷാനുഭവം ഈ പ്രാപഞ്ചികമായ പ്രപഞ്ചത്തിലെ ഓരോ കാര്യകാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്വർണത്തിൽ നിന്ന് ആഭരണമുണ്ടാവുന്നു മണ്ണിൽ നിന്ന് പാത്രങ്ങളുണ്ടാകുന്നു ഈ കാര്യകാരണത്തെ കാണുന്നു ഈ അനുഭവം ആധാരമാക്കി പിന്നീട് ചിന്തിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ സമസ്ത പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കാണുന്ന കാര്യകാരണങ്ങളിൽ ഒരു നിയമം നമ്മൾ കാണുന്നുണ്ട് എന്താണോ സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണത്തിന് സ്വർണത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുന്നില്ല കാര്യം തന്നെയാണ് പക്ഷെ ആഭരണം വിചാരിക്കുന്ന കുറച്ചു സമയം ഞാൻ സ്വർണത്തിൽ നിന്നും മാറിയിരിക്കട്ടെ അത് കഴിയുന്നില്ല അതാണ് അതിന്റെ അനന്യത നമ്മൾ ഇവിടെ കാണുന്ന പ്രത്യക്ഷമായി അനുഭവിക്കുന്ന കാര്യകാരണങ്ങളിൽ ഈ നിയമം അലംഘനീയമാണ് നമുക്ക് പറയാം ദൈവികമായ നിയമം ഈ നിയമത്തെ ആർക്കും മാറ്റാൻ ഒരു ബുദ്ധിയുണ്ടും ഒരു സിദ്ധിയുണ്ടും ഇതിനെ മാറ്റാൻ പറ്റും എവിടെങ്കിലും ആഭരണത്തെ സ്വർണത്തിൽ നിന്ന് മാറ്റിവെക്കുക എവിടെയെങ്കിലും ഒരു ആഭരണ സ്വർണത്തിൽ നിന്ന് മാറിയിരിക്കുക ഇത് സാധ്യമല്ല ഇതെന്താണ് ഇത് പരമമായ സത്യം പരമാർത്ഥ സത്യമാണ് ആഭരണത്തിന് സ്വർണത്തിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയിട്ടില്ല ഈ പരമാർത്ഥ സത്യം ഈ കാര്യകരുടെ ബന്ധത്തിൽ നമ്മളെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥമാണോ ഈ പരമാർത്ഥ സത്യം ഇങ്ങനെ പിറകിലേക്ക് പോയി ഈ പ്രപഞ്ച കാരണവും ഈ പ്രപഞ്ചകാര്യവുമായിട്ട് ഉണ്ടായിരിക്കണം ഉണ്ടായേ പറ്റും എങ്കിൽ ഇതിന് എവിടെയെങ്കിലും ഒരു മാറ്റം നമ്മൾ കാണും എവിടെയെങ്കിലും ആരെങ്കിലും അത് കണ്ടുപിടിക്കണം എന്താണോ സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണം വിട്ട് വേറെ സ്ഥലത്തിരിക്കുന്നു അത് സംഭവിക്കുന്നേയില്ല എന്തുകൊണ്ട് മാറ്റം സംഭവിക്കാത്തത് കാരണം അത് സത്യമായിട്ടുണ്ട് നിയമസത്യമാണ് അതാണ് പരമാർത്ഥം ആ പരമാർത്ഥതയാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ആ പരമാർത്ഥതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് മാറാൻ കഴിയത്തില്ല അതിനു സത്യം ജ്ഞാനം അനന്തം എന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിലൂടെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അറിയാത്തതിനെ പറയുന്നു സത്യവും ജ്ഞാനവും അനന്തതയും ഈ പ്രപഞ്ചത്തിൽ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തെ നമ്മൾ അനന്തം എന്ന് പറയുന്നു പ്രപഞ്ചത്തെ സത്യമായി അറിയുന്നു പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം അത് നിലനിൽക്കുന്നു അപ്പൊ സത്യജ്ഞാനാനന്ദങ്ങളിലൂടെയാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നത് ആ സത്യജ്ഞാനാനന്ദത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തെ വേർതിരിക്കാൻ മയ്യ അതാണ് അനന്യത എന്ന് പറയുന്നത് അതാണ് കാരണം വ്യതിരേഖീണ കാരണത്തിൽ നിന്നും വേറിട്ട് കാര്യം നാം വസ്തുത കാര്യം എന്ന് പറയുന്ന ഒന്നില്ല ഈ അനന്യതയെ മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല യുക്തിക്ക് തടസ്സമില്ല ഇതാ കാരണബുദ്ധി നിവർത്തയതാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലെന്താണ് കാരണബുദ്ധി നിവർത്തിച്ചല്ലേ അങ്ങനെ എവിടെയെങ്കിലും കാര്യം കാരണത്തിനൊന്നും മാറിയിരുന്നെങ്കിലും നമ്മൾ പറഞ്ഞേനാ ഈ ആഭരണം സ്വർണമല്ല ഈ പാത്രങ്ങളൊന്നും മണ്ണല്ല അങ്ങനെ ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല സത്യത്തിന് ഒരിക്കലും മാറ്റം വരാൻ മാറത്തില്ല മൂന്ന് കാലത്തിനൊന്നും മാറ്റം വരത്തില്ല അങ്ങനെ വന്നെങ്കിൽ സംഭവിക്കാമെന്ന് പറയുന്നത് വെറും കൽപ്പന മാത്രം ഭാവന മാത്രമാണ് യഥാ കാരണബുദ്ധി നിവർത്തി ചെയ്ത കാരണത്തിൽ നിന്നും വേറിട്ടൊരു കാര്യം ഉണ്ടായെങ്കിൽ വെറൊരു കൽപ്പനയാണ് എങ്കിൽ ആ കാര്യത്തിൽ നിന്നും കാരണത്ത് ബുദ്ധിപ്പോയനെ അത് പോകുന്നില്ല അപ്പോ കാര്യത്തിൽ എപ്പോഴും കാരണബുദ്ധിയുണ്ട് പ്രപഞ്ചത്തിൽ എപ്പോഴും ആത്മബുദ്ധിയുണ്ട് ആ പ്രപഞ്ചത്തിലുള്ള ആത്മബുദ്ധി ബ്രഹ്മബുദ്ധിയെ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സത്യം ജ്ഞാനമനന്ത ഈ സത്യം ജ്ഞാനമനന്ത പറയുന്നത് ഈ കാര്യമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന കാരണബുദ്ധിയാണ് ആ കാരണബുദ്ധി ഒരിക്കലും ഇവിടെ മാറുന്നില്ല എങ്ങനെ മാറും ഒരുവനാണ് ഏതെങ്കിലും ഒരു സമയം ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ദേശത്ത് സത്ത് സ്വന്തം നിന്ന് വിട്ടുപോവുക സ്വസ്വരൂപമായ ജ്ഞാനത്തിൽ നിന്ന് മാറിപ്പോവുക ജ്ഞാനം ആനന്ദതയിൽ നിന്ന് മാറിപ്പോയി ഇത് സംഭവിക്കത്തില്ല ആർക്കും ഒരിക്കലും ഒരിടത്ത് സംഭവിച്ചിട്ടില്ല കാരണത്തിൽ നിന്ന് കാര്യത്തിന് വേർപെടാൻ സാധ്യമല്ല യഥാ കാരണബുദ്ധർ നിവൃത്തേത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ശരി അത് സംഭവിക്കുന്നില്ല അതുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നതാണ് വാചാരംഭണം വികാലോ നാമധേയം മൃത്തികെ ദീവസത്യം സദൈവ സത്യം മകച്ചാരംഭണം വികാരവും നാമധ്യേയും നാമം നമ്മൾ വേറിട്ട് തോന്നുന്നുണ്ടോ ആഭരണം വേറെ എന്താണ് അത് കേവലം വാക്കിന്റെ ആലംബനം മാത്രമാണ് വാക്കുകൊണ്ടങ്ങനെ പറയുന്നു ആഭരണം പറയുന്നത് സ്വർണത്തിൽ തന്നെയാണ് വാക്കുകൊണ്ട് അവിടെ പുതിയൊരു വസ്തുവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വർണത്തിന് മറ്റൊരു വാക്ക് വിയച്ചതാണ് വാക്കാലംബനം വാചാരംഭണം എന്നുവെച്ചാൽ വാക്കിന്റെ കേവലം ആലംബനം മാത്രമാണ് ആ കാര്യം കേവലം നാമം മാത്രം മരിച്ച മൃത്തികിയെത്തിയവ സത്യം സത്യം മണ്ണ് തന്നെയാണ് അപ്പൊ കാര്യകാരണ ബന്ധത്തിലുള്ള ഈ സത്യം ഈ സത്യത്തിൽ നിന്ന് മാറാൻ സാധ്യമാണെങ്കിൽ ആ സത്യം തന്നെയാണ് പരമാർത്ഥം നമ്മൾ എതിർക്കുന്നത് എന്താണ് നീ ആത്മാവാണ് നിന്ന് ആകാശം ഉണ്ടായി ആകാശത്ത് നിന്ന് വായു ഉണ്ടായി ഇങ്ങനെയൊക്കെയാണ് ഈ ശ്രുതി പറയുന്നതെന്ന് പറയും ആ അതാ സംബന്ധമാണ് അതല്ല ശ്രുതി ഞാൻ ആത്മാവാണ് ശരി എന്നെ നിന്ന് ആകാശം ഉണ്ടായി എന്ന് പറഞ്ഞു രണ്ടു കാര്യവും എനിക്ക് പ്പെടുത്തമില്ലാത്ത കാര്യമാണ് ഒന്ന് ഞാൻ ആത്മാവാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുന്നുണ്ട് എന്നെ നിന്ന് ആകാശം ഉണ്ടായിരുന്നു പറയുന്നു അത് അതിനും വലിയ അസംബന്ധമാണ് ഞാൻ പറയും ഞാൻ ആകാശത്ത് ഉണ്ടാക്കിയിട്ടില്ല ഭൂമി ഉണ്ടാക്കിയിട്ടില്ല എന്നി ഞാൻ തറപ്പിച്ചു പറയും പറയുന്നതിന്റെ താല്പര്യം അതല്ല അതായത് ഇവിടെ ശ്രുതിയിൽ ഈ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചവും പ്രപഞ്ചകാരണം ആത്മാവ് ബ്രഹ്മം അതിൻ്റെ കാര്യം പ്രപഞ്ചമെന്നെല്ലാം പറയുമ്പോൾ അത് പൂർണമായും ആധ്യാത്മിക ദൃഷ്ടിയിലാണ് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കാര്യകാരണ ബന്ധത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കും ശ്രുതിയിൽ നിന്ന് വേറിട്ട് നമ്മൾ ഇതിന്റെ കാര്യകാരണത്തെ അന്വേഷിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഇത് ആദി ഭൗതിക ദൃഷ്ടി ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പരവുമായി ഒരു ലക്ഷ്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഈ രണ്ടു മാർഗവും രണ്ടും രണ്ടാണ് ആധ്യാത്മിക ദൃഷ്ടി വേര് ആദ്യഭൗതിക ദൃഷ്ടി വേര് ഭൗതികമായി ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പഠിക്കുക കാരണത്തെ കണ്ടുപിടിക്കുക ഇതെല്ലാം ആദ്യഭൗതിക ദൃഷ്ടിയിലാണ് അതിന് ഈ ശ്രുതിയിലെ ആധ്യാത്മിക വെളിപ്പെടുത്തലുകളുമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ വെറുതെ അഭിമാനിക്കുന്നതിലും ഒരർത്ഥമില്ല നമ്മളെന്ത് പറയും ആകാശത്ത് നിന്ന് വായുവുണ്ടായി എന്നെല്ലാം പറയുമ്പോൾ ആദ്യ ഭൗതിക ദൃഷ്ടിയിൽ പുറമഞ്ച കാരണത്തെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതിലൊക്കെ പൊരുത്തക്കേടുന്നത് എന്തായി പറയുന്നു ആകാശത്ത് നിന്ന് വായുണ്ടായി എന്താ അതിന്റെ താല്പര്യം അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി ജലത്തിൽ നിന്ന് ഭൂമിയുണ്ടായി ആദ്യ ഭൗതിക ദൃഷ്ടി പഠിക്കുന്നവർക്ക് ഇതിലൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകൾ കാണും എന്നാൽ അതിൽ തന്നെ ആധ്യാത്മികമായ താല്പര്യമുള്ളവരുണ്ട് അവരെന്തെയും ഇതിലെന്തെങ്കിലും പരസ്പര ബന്ധങ്ങളെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് പറയാ ഇതൊക്കെ നമ്മുടെ അപ്പന്മാർ കണ്ടുപിടിച്ചതാണ് എന്ന് പറയും അതെല്ലാം ശുദ്ധ അസംബന്ധമാണ് കാരണം ആദ്യ ഭൌതിക ദൃഷ്ടി വേറെ ആധ്യാത്മിക ദൃഷ്ടി വേറെ ശ്രുതി ഇത്തരം കാര്യങ്ങളെയെല്ലാം വെളിപ്പെടുത്തുന്നത് ആധ്യാത്മിക ദൃഷ്ടിയിലാണ് ലൗകികമായ മനുഷ്യൻ പ്രപഞ്ച കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ആദ്യഭൗതിക ദൃഷ്ടിയിലാണ് അതുകൊണ്ടാണ് ഭാഷകാലൻ പല സ്ഥലത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തൊന്നും ശ്രുതി താത്പര്യപൂർവ്വം പറയുന്നതല്ല ഈ സൃഷ്ടി ഇന്നതാണെന്ന് നമ്മളെ പഠിപ്പിക്കാനും സൃഷ്ടിയുടെ കാരണം ഇന്നതാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാനും വേണ്ടി പറയുന്നതല്ല അതിന് അതൊരു താല്പര്യമേ ശ്രുതിവാക്യങ്ങൾക്ക് അങ്ങനെ സൃഷ്ടിയുടെ ഭൗതികമായ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നതിൽ യാതൊരു താല്പര്യമില്ല ശ്രുതിക്ക് താല്പര്യം എന്താണോ ഇതിന്റെ ആധ്യാത്മിക രഹസ്യത്തെ വെളിപ്പെടുത്തുക ആത്മാവിനെ വെളിപ്പെടുത്തുക പക്ഷേ ഭൗതികമായ അന്വേഷണവും പഠനങ്ങളും അങ്ങനെയല്ല അവര് സൃഷ്ടിയിൽ താൽപ്പര്യത്തോടെയാണ് അന്വേഷണം നടത്തുന്നത് താൽപര്യത്തോടുകൂടി തന്നെ അതിൻ്റെ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു അതിന് ഭൗതികമായി നിലനിൽക്കുന്നുണ്ട് വ്യാവഹാരികമായ അടിസ്ഥാനമുണ്ട് അത് വ്യാവഹാരികമായ അതിന് പ്രയോജനമുണ്ട് അത് വേറെയാണ് അതിൻ്റെ നിയമങ്ങൾ വേറെയാണ് അവിടുത്തെ കണ്ടെത്തലുകൾ വേറെയാണ് സത്യത്തെ അന്വേഷിക്കുന്നു എന്നുള്ളതിലേക്ക് രണ്ടും തമ്മിൽ സമാനതയുണ്ട് അറിയാതെയാണെങ്കിലും ഭൗതികമായ കാരണത്തെ അന്വേഷിക്കുമ്പോൾ അവർ സത്യത്തെ അന്വേഷിക്കണം എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യം അതിനപ്പുറം ഇത് രണ്ടും തമ്മിൽ യാതൊരു സമാനതകളും വരും ഒന്നെന്താണ് തികച്ചും പൂർണമായും അന്വേഷണം ആധ്യാത്മികമായ സാക്ഷാത്കാരം ആണവിടെ മറ്റൊന്നെന്താണോ ഭൗതികമായ അന്വേഷണങ്ങൾ ഭൗതികമായ കണ്ടെത്തലുകൾ അതാണ് സാക്ഷാത്കാരമെന്ന് പറയുന്നത് എന്താണോ അത് ആന്തരികമായി സംഭവിക്കുന്നതാണ് മറ്റുള്ളതെല്ലാം എന്താണ് ഭൗതികമായ ബാഹ്യമായ ബുദ്ധിപരമായ നിഗമനങ്ങളാണ് രണ്ടും ഇങ്ങനെ ഒന്നാകും രണ്ടെന്നല്ല രണ്ട് രണ്ടു മാർഗമാണ് അപ്പോ ഈ സൃഷ്ടിക്ക് കാരണം ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്നിങ്ങനെ സൃഷ്ടിയുണ്ടായി ക്രമം എന്നെല്ലാം പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ ഭൗതിക താല്പര്യമല്ല പറയുന്നു ഈ സൃഷ്ടിയുടെ ഭൗതികമായ എന്തെങ്കിലും രഹസ്യം അല്ലെങ്കിൽ യുക്തി അതല്ല പറയുന്നു അപ്പൊ നമ്മൾ ഭൌതികമായി അന്വേഷിച്ച് കണ്ടെത്തുന്ന ഈ സൃഷ്ടിയുടെ നിയമങ്ങളും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് വിഷുമാര് ഇന്നത്തെ ഈ ഭൗതികമായ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്താത്ത നമ്മൾ പറയും ഇതൊക്കെ അവര് കണ്ടുപിടിച്ചത് നമ്മുടെ അപ്പൂപ്പന്മാരാരതൊന്നും കണ്ടിട്ടില്ലെങ്കിലും പറയും അടുത്ത കാലത്ത് ഞാനൊരു മാസിക രൂപയായിച്ചു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കൃഷിയുടെ പേര് ഏതോ ഒരു കൃഷി അത് കണ്ടുപിടിച്ചാണ് അത് സായിപ്പന്മാരെ ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു ബഹുമാനം കൊണ്ട് അങ്ങനെയൊക്കെ എഴുതിയെങ്കിൽ അത് ശരി അതിക്കഴിഞ്ഞ അതില് ഏതൊരു അർത്ഥവും ഇല്ല കാരണം ഇവിടെ ഇതിന്റെ ആധ്യാത്മിക സത്യത്തെ വെളിപ്പെടുത്തുന്നു അത് വെളിപ്പെടുത്താനും ഋഷി ആഗ്രഹിക്കുന്നു ഋഷി അന്വേഷിച്ചെന്താണ് എന്താണിതിന്റെ ആധ്യാത്മിക രഹസ്യം എന്താണ് ഭൗതിക രഹസ്യം അല്ല ഇന്നത്തെ ബുദ്ധി അന്വേഷിക്കുന്നത് എന്താണ് ഇതിന്റെയൊക്കെ ഭൗതിക രഹസ്യം ആധ്യാത്മികമായി ഇതിന്റെ രഹസ്യത്തെ ഒരാൾ സാക്ഷാത്കരിക്കുകയാണ് ഭൗതികമായി ഇതിന്റെ രഹസ്യങ്ങളെ കണ്ടെത്തുന്നു വെളിപ്പെടുത്തുന്നു രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഇതിന്റെ വാച്യാർത്ഥത്തെ എടുക്കേണ്ട എന്താണ് ബ്രഹ്മത്തിൽ നിന്ന് നേരെ ആകാശം പ്രകടമായി ആകാശത്തു നിന്ന് വായു എന്നുവെച്ചാൽ നമ്മളീ കാണുന്ന ആകാശം ഈ ആകാശത്ത് നിന്നാണ് വായുണ്ടായത് എന്നുള്ള വാക്യാർഥത്തെ എടുക്കണ്ട അങ്ങനെ എടുക്കുകയും അതിന് സയൻസിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നതൊക്കെ വെറും പഠിത്തമാണ് അത് താല്പര്യമില്ല ഭാഷകാലം പറഞ്ഞു അങ്ങനെ ഒരു താല്പര്യമില്ല ഭൗതികമായ താല്പര്യത്തിലല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ആന്തരികമായി ഒരാൾ ഇതിന്റെ ഒരു ദിവസത്തെ അയാൾക്ക് വേർപ്പെടുന്ന ചില തത്വങ്ങൾ മാത്രമാണ് ആന്തരികമായി വെളിപ്പെടുന്ന ചില തത്വങ്ങൾ അല്ലാതെ ഇതൊന്നും ഭൗതിക തത്വങ്ങളല്ല അതുകൊണ്ട് ആണ് പറയുന്നത് എന്താണോ ഈ സൃഷ്ടി ഉണ്ടായത് അനന്തമായ ഒന്നിൽ നിന്നാണോ സൃഷ്ടിയുടെ കാരണത്തെ ആന്തരികമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അനന്തതയിലെത്തിച്ചേരും ആനന്ദതയിൽ ആരാധത്തിച്ചേരുന്നത് താൻ തന്നെയാണ് താനെത്തിച്ചേരുന്നത് തന്റെ സ്വരൂപത്തിലാണ് അവിടെ നിന്ന് ഈ സൃഷ്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മായ അങ്ങനെ ഒരു ബന്ധമേ ഇതിൽ കണ്ടെത്താൻ പറ്റും ഭൗതികമായ അന്വേഷ കണ്ടെത്തുന്ന ഒന്നും മായല്ല പരമാർത്ഥമാണ് സത്യമാണ് മായ കണ്ടെത്താൻ ആധ്യാത്മിക അന്വേഷിച്ചാലേ പറ്റും അതാണിവിടെ പറയുന്നത് എന്താണ് അനന്തമാണ് കാരണം ആ അനന്തതയെ പറയുന്നു അതിൽ നിന്ന് സർവസൃഷ്ടികളും ഉണ്ടായി അപ്പൊ സൃഷ്ടിയെ സംബന്ധിച്ച് അത്രയും മനസ്സിലായാമത് തസ്മാ ആകാശാദി കാരണത്വം അതുകൊണ്ട് ആകാശാദികൾക്കും കാരണമാണ് ദേശത്ത് അനന്തം ബ്രഹ്മ ദേശം കൊണ്ട് ചെയ്ത് ബ്രഹ്മ അനന്തമാണോ കൊണ്ടും വസ്തു കൊണ്ടും അനന്തമാണ് ആകാശോ ഹി പ്രസിദ്ധം ദേശദ ആകാശത്തെ സംബന്ധിച്ച് പ്രസിദ്ധമാണ് അത് ദേശം കൊണ്ട് അനന്തമാണോ തസ് കാരണം അതിനും കാരണമാണ് തസ്മാസിദ്ധം ദേശദ ആത്മന അനന്ദ്യം അതുകൊണ്ട് സിദ്ധമായ എന്താണോ ആത്മാവ് അനന്തമാണ് അപ്പൊ ആകാശത്തിൽ നിന്ന് ആകാശം ആത്മാവിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണോ നമ്മൾക്ക് അനന്തമായി അനുഭവപ്പെടുന്ന ആകാശം പോലും നിലനിൽക്കുന്ന ഒരു അനന്തതയുണ്ട് ആ അനന്തതയാണ് ആത്മാവ് ആനന്ദത്തെ അപേക്ഷിച്ച് ഇതെല്ലാം പരിച്ഛിന്നമാണോ ഇതിലെന്തുകൊണ്ട് അനന്തത അനുഭവപ്പെടുന്നു കാരണം ആ അനന്തതയിൽ നിന്ന് ഇത് വേറിട്ടല്ല അപ്പോൾ പറയുമ്പോൾ ഇത്ര മാത്രമേ ശ്രീ മനസ്സാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ആനന്ദതയോട് അനന്യമായിരിക്കുന്നു അതിൽ നിന്നൊന്നിനെയും വേർതിരി വേർതിരിക്കാൻ വയ്യ അതെന്താണ് അത് വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ് ഋഷിയുടെ അനുഭവമാണ് അത് വ്യാവഹാരികമായ ഒന്നല്ല വ്യാവഹാരികമായി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല ബുദ്ധിപരമായി കണ്ടുപിടിച്ച് വിതരണം ചെയ്യുന്ന ഒന്നല്ല നമ്മുടെ ബൗദ്ധികമായ അറിവ് പലതിനെ കുറിച്ചും അറിയുന്നു നമ്മൾ പലതും കണ്ടെത്തുന്നു അതിനെ നമ്മൾ വിതരണം ചെയ്യും മറ്റേതിനേയും പോലെ ഇതങ്ങനെയൊന്നല്ല സാക്ഷാത്കാരത്തെ ആർക്കും വിതരണം ചെയ്യാൻ പറ്റത്തില്ല അത് കേവലം വ്യത്യനിഷ്ഠമായ അനുഭവമാണ് അതല്ല സയൻസ് എന്ന് പറയുന്നു സയൻസ് വേറെയാണ് അതിൽ പറയുന്ന കാര്യങ്ങളല്ല ഇത് അത് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റിയ കാര്യമാണ് ബൗദ്ധികമായ അറിവാണ് ആ നിലയിലല്ല പറയുന്നത് എന്താണ് ഈ ബ്രഹ്മത്തിൽ നിന്ന് ആകാശമുണ്ടായി എന്ന് പറയുമ്പോ അതൊരു ബൗദ്ധികമായ അറിവിനെ വിതരണം ചെയ്യാനില്ല മറിച്ച് എന്താണോ ഈ പ്രപഞ്ച പ്രപഞ്ചത്തോടുള്ള അനന്യതയെ അതിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രം പറയുന്നു എന്താണ് അനന്യതയെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നു ഇതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സൃഷ്ടിയുണ്ടായി അല്ല സൃഷ്ടി ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന സൃഷ്ടിയുടെ നിയമത്തെ വെളിപ്പെടുത്താനല്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു നിയമത്തെ കണ്ടെടുത്തിയതുമല്ല എങ്ങനെ ആകാശത്ത് നിന്ന് വായുണ്ടായി വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി അങ്ങനെ ഒരു നിയമത്തെ സൃഷ്ടി കണ്ടെത്തിയല്ല പക്ഷെ ഒരു നിയമമുണ്ട് അതെന്താണോ അനന്യത്വം ഇത് ഓരോന്നും അതിൽ നിന്നും അനന്യമായിരിക്കുന്നു അതിനു വേണ്ടി അതിനെ ഉറപ്പിക്കുകയാണ് അതാണ് അനന്തത ആകാശോ ഹി അനന്തരി പ്രസിദ്ധം ആകാശം അനന്തമാണെന്ന് നമുക്കെല്ലാം അറിയാം ഉദ്ദേശിത തസ്യ ചായം കാരണം അതിനും ഇത് കാരണമാണോ തസ്മാ സിദ്ധം ദേശദ ആത്മനാനന്ദ്യം നസർവത സർവഗതം ഉൽപ്പ്യമാനം ലോകേ കിഞ്ച് ദൃശ്യത്തെ ഇനി പറയുന്നു ലൗകിക യുക്തി അനുസരിച്ച് പറയുന്നു നിങ്ങൾ നോക്കുക വ്യാപകമായ ഒന്നിൽ നിന്നു തന്നെ വ്യാപകമുണ്ടാകുന്നു അങ്ങനെ അല്ലാതെ ഒന്നിൽ നിന്നും മറ്റൊന്നും ഉണ്ടാകുന്നില്ലല്ലോ വ്യാപകമല്ലാത്ത ഒന്നിൽ നിന്ന് ഒന്നുണ്ടാകും അത് സംഭവിക്കുന്നില്ലല്ലോ സർവവ്യാപകമായിരിക്കുന്ന ആകാശം അതിലല്ലേ ബാക്കി സർവവും നിലനിൽക്കുന്നു കാണുന്നു അതാണ് അസർവകഥ അങ്ങനെ വ്യാപകമല്ലാത്ത ഒന്നിലാണോ ഇതൊക്കെ നിൽക്കുന്നത് നല്ല വ്യാപകമായ ആകാശത്തിലാണിതെല്ലാം നിൽക്കുന്നത് ഇത് ഭൗതികമായും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ സർവവ്യാപകമായ ഒന്നിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് കാണപ്പെടുന്നത് അതോ നിരദ്ദേശിയും ആത്മന ആനന്ദം അതുകൊണ്ട് ആത്മാവിന്റെ അനന്തത താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ് ദേശദ തഥാ ഭിന്ന വസ്തുഭാവ വസ്തുത അതുകൊണ്ട് ദേശം കൊണ്ട് കാര്യമല്ലാത്തതുകൊണ്ട് കാലം കൊണ്ട് ഇത് പരിഛന്നമല്ല ഇതിൽ നിന്ന് ഭിന്നമായിട്ടൊരു വസ്തുവില്ലാതുകൊണ്ട് വസ്തുത ഇത് പരിച്ഛിന്നമല്ല ഇതിനേക്കാൾ വലുതായി ഒന്നും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് വലിയൊരു ദേശമില്ല അതുകൊണ്ടിത് ദേശം കൊണ്ട് പരിച്ഛിന്നമല്ല ആത്മാവ് അത് കാര്യമല്ല അതുകൊണ്ടത് കാലം കൊണ്ട് പരിച്ഛിന്നമല്ല ആത്മാവിൽ നിന്ന് അന്യമായി ഭിന്നമായി ഇവിടെ ആകാശകാലാദികളൊന്നും തന്നെയില്ല അതുകൊണ്ടത് വസ്തു കൊണ്ടും പരിച്ഛിന്നമല്ല അത് നിരദിശയം സത്യത്വം അതുകൊണ്ട് അത് നിരദിശയമായ സത്യമാണ് അനന്തമാണ് അതിൽ നിന്ന് സിഷ്ടമായ ഈ പ്രപഞ്ചം അതിനോട് അഭിന്നമായി തന്നെയിരിക്കുന്നു അതാണതിന്റെ അനന്തത എന്ന് അനന്തതയെ പറഞ്ഞിട്ട് അടുത്ത് നീ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു